അരുളൻപ അനുകമ്പമുന്നിനം ഒരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയന്ന് അരുളുള്ളവനാണു ജീവിയെന്നുരുവിട്ടിയിടുകരി അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിയിടുകൾ അരുൾ അൻപ അനുകമ്പമൊന്നിനും ഉരുളൊന്നാണിനു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിയിടുക നേരത്തെ നമ്മൾ അരുൾ എന്ന് പറഞ്ഞപ്പോൾ അനുകമ്പ എന്ന അർത്ഥം തന്നെ പറഞ്ഞിരുന്നു ഇവിടെ അനുകമ്പ വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അരുൾ അറിവ് അറിവ് അൻപ് അനുകമ്പ അറിവ് ദയാ അനുകമ്പ അതിൻ്റെ അറിവ് ഉണ്ടായാൽ അതോടൊപ്പം ഭൂതദയുണ്ടാവും വന്നത് അറിവാണോ എന്നറിയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് ദയുണ്ടാകുന്നുണ്ടോ നോക്കണം അതില്ലെങ്കിൽ കിട്ടിയ സാധനം അറിവല്ല ഇന്നിപ്പോൾ അറിവ് കിട്ടാൻ പുസ്തകങ്ങളാണ് വഴി ഓരോ ഗ്രന്ഥവും പഠിച്ചതിലുള്ള അഭിമാനമാണ് മലയാളം ഹയറാണ് ഞാൻ പണ്ടുകാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഡിഗ്രി പറഞ്ഞിരുന്നത് പിന്നെ അതൊക്കെ മാറി അല്ലേ ഏ സ്കൂൾ ഫൈനൽ കഴിഞ്ഞു മലയാളം ഹയറാണ് അതുപോലെ സ്കൂൾ ഫൈനലാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് പിന്നെ അത് മാറി ആ പഠിപ്പൊക്കെ തീർന്നു അതിന് പകരമുള്ള പഠിപ്പുകളൊക്കെ വന്നു ആ പ്രീ യൂണിവേഴ്സിറ്റിയൊക്കെ പോയി പിന്നെ പ്രീ ഡിഗ്രി അല്ലേ പിന്നെ അതും കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി ഡിഗ്രി മുതലായതൊക്കെ വന്നു അന്നും ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലം ഡിഗ്രിക്ക് പഠിച്ചാൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അത് എം എ ആകുവായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ബി എ ഓണേഴ്സ് എന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടാവും അതുമൊക്കെ പോയി നിങ്ങളുടെ വയസ്സായവർക്ക് ഇതൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ ചെറുപ്പക്കാർ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അന്നൊക്കെ പഠിക്കുമ്പോൾ ഈ ഡിഗ്രിക്കൊന്നും നല്ല പ്രാധാന്യം കൊടുത്തത് അന്നത്തെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ അൻപിന് പ്രാധാന്യവും അരുളിന് പ്രാധാന്യവും കൊടുത്തിരുന്നു അതിന് തക്കൗണ്ടായിരുന്നു കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നു കേട്ടുകൂടാത്ത വാക്കു പറയരുത് അതായുധം പോലെയാണ് അത് കർണങ്ങൾ കകമ്പുക്ക് മുണ്ണായാൽ അത് ശമിക്കില്ല ഇങ്ങനെയൊക്കെ ഒന്നിലും രണ്ടിലുമൊക്കെ പഠിച്ചിരുന്നു കേട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോഴത്തെ ലെസണിലൊന്നും അതില്ല കുട്ടിക്കാലത്ത് പണ്ടുണ്ടായിരുന്നത് കൂട്ടത്തിലുള്ള കൂട്ടുകാരെ കണ്ടൊന്നും നെഹ്ളിക്കരുത് അത് സുഖത്തിലുണ്ടാകുന്നതാണ് ദുഃഖത്തിൽ ആരും ഉണ്ടാവില്ല സുഖത്തിലുണ്ടാകും സഹിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല പൈസ പഴയ ഈ ആനമാർക്ക് പെൻസിലുമൊക്കെ ആയി പോയി പഠിച്ചിരുന്നവരാരും എന്റെ പ്രായത്തിലുള്ളവരില്ല എന്റെ രൂപമൊന്നും കണ്ട് സംശയിക്കണ്ടശയവും വേണ്ട നല്ല ഉറപ്പോടെ പറയാം അപ്പൊ ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന് ഭൂതത ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇന്നില്ല ഇന്നൊരു പഠിപ്പ് അധ്യാപകന്റെ അടുക്കല് സ്കൂളില് അവിടെ എന്റെ മകൻ അഹങ്കാരത്തോടുകൂടി അധ്യാപകനെ അടിച്ചിരുത്തി നിൽക്കണമെങ്കിൽ വീട്ടിലൊരു ട്യൂഷൻ മാസ്റ്റർ അതിൻ്റെ അഹങ്കാരവും മകന് പോരാന്നുണ്ടെങ്കിൽ എൻ്റെ ധനകിറിവ് അതിൽ നിന്നൊരു അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻ്റെയോ നോട്ട് അവൻ്റെ പോക്കറ്റിൽ ഇത്രയും ഉണ്ടെങ്കിൽ അവൻ അരുളുമുണ്ടാവില്ല അൻപുമുണ്ടാവില്ല അനുകമ്പയും ഉണ്ടാവില്ല അവൻ ഇരു പോവുകയേ ഉള്ളൂ മനസ്സിലായില്ല അവൻ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് ഗുരു എന്ന നിലയിൽ ബഹുമാനം ഉണ്ടാകണമെങ്കിൽ അവൻ ആദ്യം അതിൽ നിന്ന് കേൾക്കുന്നവനായിരിക്കണം കേട്ടിട്ട് കേൾക്കുന്നവനാകരുത് നിങ്ങള് ഇത്തരം സാധന ക്യാമ്പുകളിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പത്ത് വ്യാഖ്യാന പുസ്തകം വായിക്കും എന്നിട്ട് അത് കയ്യിൽ കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കും അതുമായിട്ട് ഒക്കുന്നുണ്ടോ സ്വാമി പറയുന്നതാണ് പിന്നെ ഇത് പഠിക്കാൻ പറ്റില്ല ഇതുകൊണ്ട് പഠിക്കുമ്പോൾ കിട്ടേണ്ട ഒരു അരുളുണ്ട് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള മാനസികമായൊരു പാരസ്പര്യം അത് പദങ്ങൾക്കിടയിലൂടെ പരയായി കയറുന്നതാണ് അത് വൈഖരിയിലില്ല വൈഖരി നിങ്ങൾക്ക് ടേപ്പ് ചെയ്യാം വൈഖരി നിങ്ങൾ കന്യാർക്ക് കൊടുക്കാം ലങ്ങളിൽ നിൽക്കുന്നതാണ് അത് പേപ്പിലില്ല പുസ്തകങ്ങൾക്കില്ല പിന്നെ ആ പണിയൊക്കെ ഒരു പണി മനസ്സിലായില്ല ഇതിൻ്റെ ഒരു ഭാവതലുണ്ട് അത് വൺ ടു വൺ മാപ്പിംഗ് ആണ് വൺ ടു വൺ റിലേഷനാണ് വൺ ടു മെനി അല്ല മെനി ടു വൺ അല്ല മെനി ടു മെനി തികഞ്ഞ ഏകാന്തതയിൽ ആനുഭൗതികമായ സ്വർഗത്തിൽ വെച്ചാണ് ഗുരുശിഷ്യന്മാർ ആശയവിനിമയം ചെയ്യുന്നത് വിവാഹത്തിൽ ദമ്പതിമാരെന്ന പോലെ ജനങ്ങൾ കാണുന്ന പന്തലിലും വിളക്കിനു മുമ്പിലും ഒന്നുമല്ല വിവാഹം അവരുടെ ആത്മബോധം ഈ ഭൗതിക സാമ്രാജ്യങ്ങളെയൊക്കെ വിട്ട് സ്വാത്മികമായൊരു ഭൂമിയിൽ ഒത്തുചേരുന്നു എങ്കിൽ മാത്രമേ വിവാഹമുള്ളൂ ബാക്കി ചടങ്ങിൽ കാണിച്ചു കൂട്ടലുവാ അത് നാളെ പിരിയാനുള്ളതാണ് അടിക്കാനുള്ളതാണ് സ്വത്തിന് വഴക്കുണ്ടാക്കാനുള്ളതാണ് അതൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ പറഞ്ഞ് നേരം കളയണ്ട ഇതൊക്കെ കഴിഞ്ഞു വേണം പെണ്ണിനെ മംഗളയാക്കി തന്ത ഇറക്കി വിടാൻ സഹോദരൻ രാജം ഹോർമ്മിക്കാൻ അതുപോലൊരു ലോകത്തേക്ക് ആനുഭൗതിക സത്തയുടെ അൻപി എന്നൊരു ലോകത്തേക്ക് മാനവ ചേതനയെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ആധ്യാത്മികത അതൊരു സുദുർലഭ മുഹൂർത്തത്തിൽ മാത്രമേ കിട്ടൂ ആയിരം ശ്രവണങ്ങൾക്കിടയ്ക്ക് എന്നെങ്കിലും ഒരിക്കലത് കിട്ടിയെങ്കിൽ എന്നോർത്താണ് ശ്രവണത്തിനോടുന്നത് അല്ലാതെ കിട്ടില്ല അതിന് നിയുക്തനായ ഗുരുവും അതിന് നിയുക്തനായ ശിഷ്യനും ആരോരും അറിയാതൊരു ലോകത്തുവച്ച് ആനുഭൗതികമായി പങ്കുവയ്ക്കുന്നതാണ് അതിന് ചടങ്ങ് അത് അൻപിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഭാഷയും വ്യാകരണവും എല്ലാം അർത്ഥശൂന്യമാകുന്നൊരു മുഹൂർത്തത്തിൽ ഹൃദയവും ഹൃദയവും ഒന്നാകുന്ന അൻപിൻ്റെ കേന്ദ്ര ബിന്ദു സമസ്തരാചരങ്ങളും ഏകീഭവിക്കുന്ന ഒരു അദ്വൈതത്തിൽ അവിടെ അതിനൊരു അരുൾ വേണം അരുൾ മൂന്നര വളരെ മനോഹരമായ പദമാണ് അരുൾ അരുൾ അൻപ് ദയാ സ്നേഹം എന്നൊക്കെ പറയാം സ്നേഹം എന്നുള്ളത് പോരാ പ്രേമം അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അനുകമ്പ അരുള് അറിവുണ്ടെങ്കിലേ അനുകമ്പ ഉണ്ടാവും അരുളുണ്ടെങ്കിലേ അൻപുണ്ടാവും അറിവില്ലാത്തവൻ അൻപുണ്ടാവില്ല ഇന്ന് നാം കാണുന്ന ഉന്നത ശിഷ്യരെന്ന ആധുനിക ലോകം വ്യവച്ഛേദിക്കുന്ന പലരും ഈ അർത്ഥത്തിൽ അറിവില്ലാത്തവനും അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മനസ്സുകളിലും അൻപില്ല അൻപു വേണ്ടി അവരോടി നടക്കുകയാണ് ആ അൻപ് അറിവ് അൻപ് അനുകമ്പ മൂന്നിനും മൂന്നിനും മൂന്ന് അനുഭവങ്ങളുടെയും പൊരുളൊന്നാണ് പൊരുളൊന്ന് ആ പൊരുളാണ് ജീവതാരകം സംസാരമാകുന്ന സാഗരത്തില് അതിനെ തരണം ചെയ്യുവാൻ ജീവിതത്തെ തരണം ചെയ്യുവാൻ സമർത്ഥമായ നക്ഷത്രം ധ്രുവ സ്പൊണ്ടേനിയസ് ഓവർഫ്ലോ കവിത സുഖപ്രസവം പോലെയാണ് അതാണ് ഭാരതീയ ദാർശനികന്മാരുടെ പ്രത്യേകത ശങ്കരൻ നാരായണ ഗുരു മുതലായവരൊക്കെ അവർക്ക് പദങ്ങള് സ്വയമേവാഗതമാകുന്നതായിരുന്നു ഡിക്ഷണറി നോക്കി എഴുതല്ല ഇപ്പൊ കവിത എന്ന് പറഞ്ഞാൽ എന്തും എഴുതി കവിതയാകുന്ന കാലമാണ് അവാർഡിന് നാലുപേരെ കൂട്ടം പിടിച്ചാൽ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് ആൻഡ് എമോഷൻസ് അത് ഗുരുവിൻ്റെ കവിതയിൽ കാണാം ശങ്കരന്റെ കവിതയിൽ അന്യൂനമായി കാണാം സംശയമൊന്നുമില്ല അതുകൊണ്ട് അവർ ദാർശനികന്മാരായത് നാ ഋഷി കവി ഹി കവിയല്ല കവി ക്രാന്തർ എന്നൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് മൂന്നിനും പൊരുളൊന്നാണ് ഇത് ജീവതാരകം ജീവിത നൗകയെ അതിൻ്റെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന ധ്രുവ നക്ഷത്രമാണ് ഈ അരുള് അൻപ് അനുകമ്പ മൂന്നിനും പൊരുളായ അസത്യം ഒരേ പൊരുളിൽ നിന്നാണ് ഒരേ പരമ്പൊരുളിൽ നിന്നാണ് അറിവും അൻപും അനുകമ്പയും വരുന്നത് ആ പൊരുൾ തന്നെയാണ് ജീവനെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് എന്ന് പറയുകയാണ് അരുളുള്ളവനാണ് ജീവി അറിവ് അരുള് സഹജീവികളോട് സമസ്ത ജീവരാശികളോടും അനുകമ്പയുള്ളവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവി ജീവിക്കുന്നവൻ മറ്റുള്ളവനൊക്കെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഞാൻ ജീവിച്ചു എന്നതിനുള്ള തെളിവ് എൻ്റെ അരുളാണ് ഞാൻ എത്രത്തോളം മറ്റ് ചരാചരങ്ങളായി ഏതൊരു സസ്യത്തെ ഏതൊരു ജന്തുവിനെ ഏതൊരു ജീവിയെ ഏതൊരു മനുഷ്യനെ ഏതൊരു സഹപാഠിയെ ഏതൊരു സദീർത്ഥ്യനെ ഏതൊരു അച്ഛനെ ഏതൊരമ്മയെ ഏതൊരു മകനെ ഏതൊരാളെ ഞാൻ എന്നെപ്പോലെ കണ്ട് അവർക്കായി ഞാൻ ജീവിച്ചു അതാണ് ഞാൻ പോയാലും ബാക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥമില്ല ജീവിതം അതിലുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നവരാണോ ചത്തവരാണോ ഒരാത്മപരിശോധന നോക്കിയാൽ നമ്മളിൽ എത്ര പേർ ഇപ്പം ജീവനുള്ളവരാണ് അരുളുള്ളവനാണ് ജീവി ഇത് നവാക്ഷരി എന്നാണ് ഗുരുദേവൻ പറയുന്നത് എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി സദാ സർവതാ ഈ മന്ത്രം ഉരുവിടുക വനാണ് ജീവി ആ ഒമ്പതക്ഷരം ഈ ഒമ്പതക്ഷരമുള്ള ഈ മന്ത്രം അരുളാണ് ജീവിതത്തിന്റെ മാതൃക അരുൾ ഉള്ളവൻ മാത്രം ജീവിക്കുന്നു അരുളില്ലാത്തവൻ ജീവിക്കുന്നില്ല എന്ന സദാ സർവദ ഉരുവിടുക ആകെ ഒരു മന്ത്രെ ജീവിക്കണ്ടു അരുൾ ഉള്ളവനാണ് ജീവി ഞാൻ ജീവിയാണ് അരുൾ ഉണ്ടാവണം എല്ലായ്പ്പോഴും എനിക്കറിവും അനുകമ്പയും അൻപും ഉണ്ടാവണം വേറൊന്നും വേണ്ട ലോകം എങ്ങനെയും പറഞ്ഞുകൊള്ളട്ടെ ഇത് മൂന്നും കയ്യിൽ നിന്ന് പോകരുത് അരുളുള്ളവനാണ് ജീവി എന്ന് ഈ നവാക്ഷരി നാരായണ ഗുരു തൻ്റെ ദർശനത്തിലൂടെ ഒരു മന്ത്രം സദാ ഉരുവിടുവാൻ സഹജീവികൾക്ക് നൽകുകയാണ് അരുളുള്ളവനാണ് ജീവി എന്റെ വാക്കിൽ എന്റെ മനസ്സിൽ എന്റെ പ്രവൃത്തിയിൽ ആ അരുൾ നിറയണം ഇതില്ലാതെ ആത്മബോധമില്ല നോക്കാം മാല് ആ അരുളില്ലെങ്കിൽ എന്താവും അരുളില്ലാത്തവൻ എങ്ങനെ ഇരിക്കും അരുൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അരുൾ പോയാലോ അരുൾ പോയി ഇരുളായാലോ നോക്കാം അരുളില്ല അതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരനാറുന്നൊരുടുമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ നിഷലഗന്ധപുഷ്പമം അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരമാറുന്നൊരുവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമം നമ്മളെയൊക്കെ നോക്കി പറയുകയാണോ ഗുരുദേവൻ എന്നൊരു ശങ്ക നമ്മുടെയൊക്കെ ജീവിതം കാനൽ ജലം പോലെ ഇല്ലാത്തതാണ് മരുവിലെ ജലം മരുഭൂമിയിലെ ജലം കാനൽ ജലം മരീക്ഷിക മരുമരീക്ഷിക അതിന് സമാനമാണ് നമ്മുടെയൊക്കെ ജീവിതം കാരണം നമ്മളെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ല പ്രയോജനം ഉണ്ടാകുന്നത് അൻപില്ലാത്തത് കൊണ്ട് നമുക്കിഷ്ടമല്ല ലോകത്ത് ആർക്കെങ്കിലും ഒരു പ്രയോജനം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖായി എന്തെങ്കിലും ഒരു പ്രയോജനം വരുന്ന കാര്യം അത് ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമാണെന്നാണ് ഉത്തരാധുനിക ആധ്യാത്മികതയും പറയുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഉത്തരാധുനിക മതങ്ങളും ആ അഭിപ്രായത്തിലാണ് ഉത്തരാധുനിക സംസ്കൃതിയും ആ തലത്തിലാണ് ഉത്തരാധുനിക സാഹിത്യവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അപഗ്രഹിച്ചു നോക്കാം ഞാൻ പറയുന്നത് വെറുതെ നിങ്ങളുടെ സിനിമകൾ നിങ്ങളുടെ സീരിയലുകൾ നിങ്ങളുടെ സാഹിത്യം ഇതിലൊക്കെ ഉയർന്നു നിൽക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും മറ്റുള്ളവന് പ്രയോജനം വരുന്നതൊന്നും ചെയ്യരുത് ചെയ്യാൻ അനുവദിക്കരുത് എന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് കേരളത്തിലുടനീളം ഇപ്പോൾ ചാനലുകളിലൂടെ ഓടുന്ന ആറ് സീരിയലുകൾ എനിക്കറിയാം ആറെണ്ണത്തിലും ഡോക്ടർമാർ രംഗപ്രവേശം ചെയ്തു ആരെണ്ണത്തെയും നിയന്ത്രിക്കുന്നത് ഡോക്ടർമാരാണ് ആരെണ്ണത്തെയും നിയന്ത്രിക്കുന്ന ഹിപ്പോക്രാറ്റസിന്റെ സമ്പ്രദായത്തിൽപ്പെട്ട ഡോക്ടർമാരെ അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ സകല വിശ്വാസവും പോകുന്ന വിധത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ ചാനലിലെ പ്രസിദ്ധമായൊരു സീരിയലിനെ നിയന്ത്രിക്കുന്നത് ഒരു ഡോക്ടറാണ് അയാള് സത്യം പറഞ്ഞാൽ ആ കുടുംബങ്ങളെല്ലാം ആനന്ദിക്കും അയാള് സത്യം പറയില്ല അത് കണ്ടിട്ട് വേണം ആശുപത്രിയിലേക്ക് ജനങ്ങളെല്ലാം പോവാൻ എത്ര ദുഷ്ടമാണ് അതെഴുതിയവന്റെ ബുദ്ധി എത്ര ദുഷ്ടമാകും അത് കാണുന്നവന്റെ ബുദ്ധി നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഐ ഒന്നും ഇതിനെതിരെ ഒന്നും പറഞ്ഞു കേട്ടില്ല ആര് കാണുന്നത് ഞാൻ കാണുന്നാണ് ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നോണ്ടാണല്ലോ പറയുന്നത് അങ്ങനത്തെ ടെക്നിക്ക് ഒന്നും ചോദിക്കരുത് ഈ വേണ്ടാത്ത ചോദ്യം ഒന്നും ചോദിക്കരുത് അത് അതിപ്രശ്നമാണ് ഞാൻ എങ്ങനെ കാണുന്നു എന്ന ചോദ്യമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്ന പോലെയാണോന്ന് നോക്കുക മനസ്സിലായില്ല നിങ്ങൾ കാണുന്നത് പോലെയാണ് ഞാൻ അത് ആസ്വദിക്കുന്നതെങ്കിൽ തകരാറാണ് നിങ്ങളിൽ പലരും കാണുന്നതാണ് ഞാനും കാണുന്നതാണ് മനസ്സിലായില്ല നിങ്ങളിൽ പലരും കാണുന്നതാണ് ഞാനും കാണുന്നതാണ് ആ കായിലൊരു മാറ്റമുണ്ട് ഞാനത് എവിടെ നിന്നാണ് കണ്ടത് നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടത് എന്നതിൽ ഒരു അന്തരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആമായി റൈറ്റ് എന്നെ വേദനിപ്പിച്ചത് ഉത്തമ ജീവിതത്തിൻ്റെ മാതൃകകളായ വിഷഗ്വര പ്രമാണിമാരെ ദുഷ്ടബുദ്ധികളായി അവതരിപ്പിക്കുന്നതിലൂടെ എക്സെപ്ഷനായി ഒന്നോ രണ്ടോ പേർ അങ്ങനെ ഉണ്ടാവാം അവരെ ജനജീവിതത്തിലേക്ക് തെറ്റായി അവതരിപ്പിക്കുമ്പോൾ ഉത്തമമായ ജീവിത മാതൃകകളായവരെ മുഴുവൻ അങ്ങനെ ധരിക്കുന്നതിലൂടെ ജനതയുടെ വിശ്വാസം നഷ്ടപ്പെടുകയും അവരുടെ ജീവിതം തന്നെ നാശോന്മുഖമാവുകയും ചെയ്യും മനസ്സിലായില്ല അതിൻ്റെ വേദനയാണ് ഞാൻ കയറിയത് അതെന്നെ വേദനിപ്പിച്ചത് ചിലരെയുമല്ല അതുകൊണ്ട് തന്നെ ആറ് സീരിയലും പറഞ്ഞത് ആറിലും ഡോക്ടർമാരാണ് ആധുനിക ശാസ്ത്രം പുരോഗമിച്ച നാട്ടിൽ കാണാനിരിക്കുന്ന പെണ്ണുങ്ങളെ കരയിപ്പിക്കാൻ ഗർഭിണി അല്ലാത്ത പെണ്ണിന് ഗർഭമുണ്ടെന്നെഴുതുന്ന ഡോക്ടർ സാദാ ഒരു യൂറിൻഡസ്ട്രി കൊണ്ടറിയുന്ന കാര്യത്തെ ഇത്ര വികലമായി അവതരിപ്പിക്കുന്ന സാഹിത്യകാരന് നാലാം ക്ലാസ് വിദ്യാഭ്യാസം പോലും കാണില്ല അതൊക്കെ പടച്ചു വിട്ട് ആസ്വദിക്കുമ്പോൾ ഒരു ജനതയുടെ ജീവിതത്തിൽ നിന്ന് അൻപും അരുളും അനുകമ്പയും നഷ്ടപ്പെടുന്നത് നിങ്ങളറിയില്ല ഇനി മനസ്സിലായോന്നറിയില്ല ചോദ്യം അതുകൊണ്ട് എനിക്കിഷ്ടമായി അതുകൊണ്ട് അത്രയും കൂടെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങളൊല്ലോ ചോദിച്ചാൽ കുറച്ച് എൻ്റെ കാര്യങ്ങളും കൂടെ പറയാമല്ലോ എന്ന് വിചാരിച്ച് മറ്റതൊക്കെ ഈശ്വര കാര്യങ്ങളാണ് ഇത് പൊട്ടബുദ്ധിയിൽ നിന്ന് വരുന്നതാകും അപ്പം എന്തായിരുന്നാലും മാനവ ജീവിതത്തെ അൻപുകൊണ്ടാണ് നേരെയാക്കുന്നത് അരുളുകൊണ്ടാണ് നേരെയാക്കുന്നത് ഉത്തര ആധുനികത രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പാലക്കാടുകൂടെ നടന്നാലുള്ള വാൾ പോസ്റ്റുകളും ഇപ്പം നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തന്നിരിക്കുന്ന നോട്ടീസുകളും വായിച്ചാൽ മതി എത്ര അൻപ് നഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം എത്ര അനുകമ്പ നഷ്ടപ്പെടുന്നു എന്നറിയാം ജനാധിപത്യത്തിന്റെ അൻപതിൽപ്പരം സംവത്സരങ്ങളിലൂടെ ജനത കടന്നുപോയത് അൻപിൽ നിന്ന് അൻപില്ലാത്ത ലോകത്തേക്കാണ് ഓരോ വർഷവും നിങ്ങളുടെ ദയയും നിങ്ങളുടെ അനുകമ്പയും കളയാനാണ് ഈ അടിച്ച നോട്ടീസല്ല അത് കളഞ്ഞു കുളിച്ചതിൻ്റെ നേട്ടങ്ങളാണ് നിങ്ങളുടെ അധികാരി വർഗങ്ങൾ നിങ്ങൾ അത്രത്തോളം അത് കളഞ്ഞു എന്നറിയാൻ നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്വരൂപം പഠിച്ചാൽ മതി കൂടുതലൊന്നും പഠിക്കുന്ന മാനവജീവിതത്തിൽ നമ്മളെ അൻപും അനുകമ്പയും അരുളും പോയോ പോയില്ലയോ എന്നറിയാൻ നമ്മുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മുടെ പ്രതിരൂപങ്ങളെ നോക്കിയാൽ മതി കൂടുതലൊന്നും വേണ്ട ഇക്കാലം നമ്മൾ നേടിയ വിദ്യാഭ്യാസവും നമ്മുടെ പഠന ഉപാധികളും നമ്മൾ നേടിയെടുത്ത ഡിഗ്രികളും നമ്മൾ കെട്ടിപ്പൊക്കിയ മണിമാളികളും മന്ദിരങ്ങളും ഒക്കെ നമ്മോട് നമ്മുടെ അൻപോയതിൻ്റെ കഥ വിവരിക്കുന്നുണ്ടൻപിയെന്ന ജീവിയും അൻപകന്ന ജീവിയും അന്തരമെന്താണ് അരുളില്ലതെങ്കിൽ അരുളിതിൽ നിന്നാണ് പോയാൽ അസ്ഥി തോൽ സ്ഥിരമാറുന്നൊരുടുമ്പുതാനവൻ ആകെപ്പിന്നെ മിച്ചം തൊങ്മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസ്സുകളായ ഈ മലഭാണ്ഡം മാത്രം അതിലാണോ നീ അഭിമാനിക്കുന്നത് ണെന്നാണ് വിദ്യാഭ്യാസം നമ്മോട് പറയുന്നത് കാരണം നമ്മുടെ രൂപം ശരിപ്പെടുത്താൻ എത്രയാണ് നമ്മൾ ചെലവഴിക്കുന്നത് പണ്ട് കാലത്ത് പഠിക്കാൻ പോകാനൊരു ദൗവ്യം മതിയായിരുന്നു ഒന്നിലും രണ്ടിലും ഒക്കെ കൂടിയാലൊരു കച്ചത്തോർന്ന് അറിവായിരുന്നു വളർന്നിരുന്നത് ഇന്നങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിൽ പോയി ഇരിക്കാൻ ഇനി എങ്ങാനും പൈസയുള്ളവൻ ഈ പുറകിൽ ഇങ്ങനെയുള്ള വള്ളിയിട്ട നീക്കറൊക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഞങ്ങളുടെ ഇന്നും പഠിത്ത കാലത്ത് ഇല്ലായിരുന്നു അതിനുശേഷം വന്ന തലമുറയിലായിരുന്നു അത് വന്നു മികവാരും ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ പിള്ളേരല്ലേ എന്നുള്ളത് കൊണ്ടായിരിക്കും അധ്യാപകരും അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിരുന്നില്ല കാര്യമായി ഉടുത്തൊന്നും അല്ലിരുന്നിരുന്നു ഉടുത്തില്ലെന്ന് വിചാരിച്ച് വലിയ ബോധമൊന്നും അതിനെ കുറിച്ച് ഉണ്ടായിരുന്നു ഇല്ല ഇന്നുടുക്കാതിരുന്നാൽ അത രണ്ടും തമ്മിലുള്ള അന്തരാണ് വയസ്സായവർക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു ശരിയല്ല ഞാൻ പറയുന്നത് അത്രയും പൈസ ഉള്ളവരല്ലേ നരയും ഡൈ ചെയ്തതാണ് മറ്റേ നരച്ചാല് കറുപ്പ് ഡൈ ചെയ്യുവാള് ചെറുപ്പക്കാരി വെളുപ്പിച്ചിട്ടാണോ ഇരിക്കുന്നത് രണ്ടുമൂന്നു അവര് നേരെ തിരിച്ചായി കളയാമെന്ന് വിചാരിക്കുകയാണ് വയസ്സന്മാരെല്ലാം കറപ്പിച്ചപ്പോ ഇവര് തീരുമാനിച്ച നമുക്കൊന്ന് വെളുപ്പിച്ച് കളയാ അങ്ങനെയൊന്നും അല്ലെന്ന് വിചാരിക്കല്ലേ അപ്പൊ അന്ന് കാലത്തൊക്കെ ഒരു കുറിമുണ്ട് മതിയായിരുന്നു പഠിക്കാനൊക്കെ പിന്നീട് വന്ന തലമുറയിലാണ് ഈ വള്ളിയുള്ള നിക്കറ് അങ്ങനല്ലേ എന്ന് പറയുക വള്ളി നിക്കറ് സാധാരണ പിള്ളേർ അതിൻ്റെ മുമ്പിലൊക്കെ ബ്ലേഡ് കൊണ്ട് കീറി അതിട്ടാലും ഇട്ടില്ലെങ്കിലും ഒരുപോലെയൊക്കെ ആക്കി വെക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അതിൻ്റെ രണ്ടാം തലമുറ ഇപ്പെനിക്ക് തോന്നുന്നതൊരു നാലഞ്ചെണ്ണം ഇടിവീച്ചാ ഇവിടുന്നു ഈ ഉഷ്ണമേഖല രാജ്യത്ത് ഒരു നാലഞ്ചെണ്ണം ഇടിവീച്ച് കഴുത്തേലൊരു കെട്ടും കെട്ടി ശരിയല്ല പണ്ട് മന്നത്തുവപ്പനാഭൻ്റെ കാലത്ത് താഴെ കെട്ടിയ ടൈ ഇപ്പം മോളിലായിട്ടുണ്ടെന്ന് മാത്രേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം മൻമോഹൻ സാർ പറയുമായിരുന്നു കണ്ഠകൗപീനം മൻമോഹൻ സാർ അതിനെ അങ്ങനെയാണ് എന്റെ തലമുറയിൽ നിന്ന് പുതിയ തലമുറയ്ക്കുള്ള മാറ്റം കൗബീനത്തിന്റെ സ്ഥാനം മാറിപ്പോയി എന്നത് മാത്രമാണെന്ന് അദ്ദേഹം വിലപിക്കുമായിരുന്നു അപ്പൊ എന്തായാലും ഇതൊക്കെ വലിച്ചു കെട്ടി ഉടുത്തെറങ്ങി പോകുമ്പോൾ ഈ അലങ്കരിക്കുന്നത് ആത്മാവിനെ ആത്മബോധത്തെ തൊലിയും എലിമ്പും ഒക്കെയായി മാറുന്ന ഈ ശരീരത്തെ അസ്ഥി തോൽ നാറുന്ന ഈ ഉടുമ്പ് അതിനെ അലങ്കരിക്കാനുള്ളത് അത്രപ്പാട് അതുകൊണ്ടിപ്പം വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അബദ്ധം പറ്റിയത് പലർക്കും മനസ്സിലാകുന്നു ഭർത്താവ് വീട്ടിൽ വന്ന് കുളിച്ചിട്ട് വന്ന് കല്ല് തേക്കുന്ന പ്രശ്നെടുത്തപ്പോഴാണ് രണ്ടു ദിവസം മുമ്പ് കല്യാണം കഴിച്ച് ഇയാള് മുഴുവൻ നരച്ചതാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായത് മണ്ഡപത്തിലിരുന്നവൻ മനസ്സിലായില്ല ഇവള് കുളിച്ചേച്ചു വന്നപ്പോഴാ അറിഞ്ഞത് ഇവളെ വെളിപ്പിച്ചത് മുഴുവൻ ബ്യൂട്ടി പാർലറുകാരാണോ പിന്നെ അടി തുടങ്ങായി ഈ കലിപ്പിക്കൽ അല്ലേ ഇന്നാകെ ജീവിതം ഒറിജിനല് കാണാൻ വളരെ പ്രയാസമാണ് എല്ലാരും എന്തെത്തും അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കൂടെ ചേർന്ന് ഉള്ളതെല്ലാം കുഴിയെല്ലാം വേസ്റ്റൊക്കെ അടിച്ച് നിറച്ച് അതിപ്പം ഈ ഇന്ത്യയിലെ റോഡുകളുടെ കുഴി നകർത്താൻ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വന്ന് കോൺട്രാക്റ്റ് പിടിക്കുന്ന പോലെ അവിടെ നിന്നൊക്കെ ഒന്നും പാർലർ തുടങ്ങിയിട്ടുണ്ടെന്ന് പാലക്കാട് അങ്ങനെ ഒരെണ്ണം കണ്ടു പോകട്ടെ ഭയങ്കര തള്ളലും കണ്ടു ഒന്ന് കേരളം വിചാരിച്ച് പോയതാണ് പറ്റിയില്ല കാരണം ഞങ്ങൾ സ്വാമിമാരാണെങ്കിലും ഇങ്ങനെയുള്ള മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഒന്ന് ടിപ് ടോപ്പായിട്ട് വന്നാൽ പ്രഭാഷണമല്പം മോശമായാലും ക്ലാസ് അല്പം കൊള്ളുകയില്ലെങ്കിലും ആ മുഖശ്രീ കാണാൻ ഒരു ഉണ്ടാവും എല്ലാരും ധൈര്യതെന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ കറുത്തതങ്ങ് വെളിപ്പിക്കാവുന്ന തീരുമാനിച്ചത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം എന്തിനെയാണ് അലങ്കരിക്കുന്നത് ഈ സപ്തധാതുക്കൾ അടങ്ങിയ ശരീരത്തെ സപ്തു സപ്തധാതുജമായ ശരീരം നശിക്കുന്നതാണ് നശ്വരമാണ് അപ്പൊ അരുള് ജീവിതത്തിൽ ഇല്ലയെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യൻ അസ്ഥിയും തൊലിയും സിരകളും ചേർന്നുള്ള നാറുന്ന ശരീരം മാത്രമാണ് തൊക്ക് മാംസം അസ്ഥി മജ്ജ ശുക്രം ഇതെല്ലാം ചേർന്ന് വരുന്ന സപ്താതുജമായ ശരീരം നശ്വരമാണ് ആ പുരുഷൻ ആ കുമാൻ മരുവിൽ പ്രവഹിക്കും അമ്പും മരുഭൂമിയിലെ ജലം കുടിക്കാനാവില്ല അരുളില്ലാത്തവന്റെ ജീവിതം മരുഭൂമിയിലെ കാനൽ ജലം പോലെ പരോപകാരശൂന്യമാണ് ഒരു ജീവിക്കും പ്രയോജനമില്ല അവൻ ചത്തതുപോലെയാണ് ജീവിക്കുന്നത് നിഷല ഗന്ധപുഷ്പം ഒരു കനിയം കായ്ക്കാത്ത ഗന്ധമില്ലാത്ത പുഷ്പം പോലാണ് മണമുണ്ടെങ്കിൽ അതിൻ്റെ സുഗന്ധം ആളുകൾക്ക് കിട്ടും ഇത് ഗന്ധവുമില്ല അതിന് കായുവില്ല പഠിച്ചു തന്നെ അതുപോലുള്ള പുഷ്പം പോലെയാണ് ഇത് ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ ഇതിനോട് സമാനമായൊരു ഇതുണ്ട് വേദവാദരന്മാരുടെ ജീവിതം ഇങ്ങനെയാണെന്ന് പറയുന്നു ിതാം വിഭശിതരസ്ഥീതി വാദിനുഷ്പം പോലെ വേദരവാദരന്മാരുടെ വാക്കുകൾ അതിൽ അരുളില്ല അരുളില്ലാത്തവൻ്റെ ജീവിതം ഇതാണെന്ന് നാരായണ ഗുരുവും പറയുകയാണ് അതുകൊണ്ട് അരുളാണ്